സ്വഭാവിക ഐശ്വര്യ പ്രതിയ കല്യാണ ഗുണ ഗുണ മഹോതി അത്ഭുത നിത്യനിര ചര്യ സൗന്ദര്യ സൗതൃ സൗഭമാനാദ് ഗുണം ദ്യം നമ്മൾ അടുത്ത് വരുന്നത് നിരദിശ സ്വദേശിക ഉത്കൃഷ്ടരായേക്കാൾ സുരക്ഷിക്കുന്ന ആരും അതുള്ള നിരദിശയിത്വം ഔജ്ജലിയും ഹസ്വരത്തും പ്രകാശി ശ്രീ വല്ലഭദ്ര വിജേഷനാണ് സൗന്ദര്യം സൗന്ദര്യവും അടുത്ത് വരുന്നത് ലാവണ്യവും അതിൻ്റെ വ്യത്യാസം എന്താണെന്നു പറയുന്നത് വ്യക്തമായി പറയുന്നത് എന്താണ് ലാവണ്യംന്ന് പറയുന്നത് ഭംഗിയാണ് വ്യത്യാസം സൗന്ദര്യം എന്ന് പറഞ്ഞാൽ അവയവശോഭയവങ്ങളുടെയും പ്രത്യേക ശോഭയെ സൗന്ദര്യം എന്ന് പറയുന്നത് നാമണ്യം എന്ന് പറയുന്നത് അടുത്ത് പറയും മൊത്തത്തിൽ വരുന്ന ദിവ്യ വിഗ്രഹത്തിൻ്റെ സ്വര് വ്യക്തിയുടെ ഓരോ അവയവങ്ങളെ കവികൾ വർണ്ണിക്കുമ്പം അത് സൗന്ദര്യ വർണ്ണനയാണ് എന്താ ആ വ്യക്തിയുടെ രൂപത്തെ വർണ്ണിക്കുകയാണെങ്കിൽ ലാവണ്ണി പറഞ്ഞത് വ്യത്യാസം സ്വർണ്ണ ഭാഷ ആനച്ചന്തം എന്ന് പറയും സ്വർണ്ണ ഭാഷ പറയുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് മൊത്തത്തിലൊരു ചന്തം അതാണ് ലാവണ്ണി കാരണയും പ്രയോഗത്തിലുള്ള അപ്പോ ഈ ഒരു ദിവ്യ വിഗ്രഹത്തിനും ഇങ്ങനെ സൗന്ദര്യത്തെയും ലാഭ്യത്തെയും എല്ലാം കൽപ്പിച്ച് കൽപ്പനയാണ് കൽപ്പിച്ചിട്ട് അതിനെ ഭാവന ചെയ്യുക എന്ന് പറയുന്നത് ഈ ഭക്തിശാസ്ത്ര എല്ലാ ഭക്തിശാസ്ത്രജ്ഞരു കാരണം ഇത് രണ്ടും മനുഷ്യന്റെ കൂടെ ആനന്ദത്തെ ഉണ്ടാക്കുന്നു ഒരു ഏത് സുന്ദര വസ്തുവിനുണ്ടാകും മനുഷ്യന്റെ കൂടെ സന്തോഷം മനസ്സിന് വലിയ സംഘർഷമുള്ള സമയത്ത് ഒരാൾ നല്ലൊരു പൂന്തോട്ടത്തിൽ ഒന്ന് പുലാത്തി കഴിഞ്ഞാലും റിലാക്സാവും അവിടെയാൾ അനുഭവിക്കുന്ന സന്തോഷമെന്ന് പറയുന്നത് ലാവണ്യ അനുഭവമാണ് അതിനാണ് ലാവണ്യ അനുഭവം ഇവിടെ ഒരു പൂരിന്റെ സൗന്ദര്യത്തിലല്ല അനുഭവിക്കുന്നത് പൂന്തോട്ടത്തിന്റെ ലാവണ്യാണ് അത് സ്വാഭാവികമായി സംഭവിക്കുന്നത് ഇവിടെ ഭക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതിനോട് കൂട്ടിച്ചേർക്കുന്നത് എന്താണോ ദൃഢമായ വിശ്വാസം വിശ്വാസങ്ങൾ കൂട്ടിച്ചേർക്കും മറ്റ് ബാക്കിയ വസ്തുക്കളിലുള്ള മനുഷ്യന് സൗന്ദര്യ ആരാധനം പറയുന്ന മനുഷ്യന്റെ ഒരു ശീലമാണ് മനുഷ്യ മനസ്സിൻ്റെ ഒരു ശീലമാണ് അവിടെ ഈ വിശ്വാസത്തിൻ്റെ പ്രശ്നം വരുന്നത് കാരണത് ഇന്ദ്രേ പ്രത്യക്ഷമായ വിഷയങ്ങളിൽ ആസ്വദിക്കുന്നു ഇനി അത് സംഗീതമായാലും ശരി ഒരു സൗന്ദര്യത്തിലും ശബ്ദാത്മകമായി ആസ്വദിക്കുന്നു ഇതൊക്കെ മനുഷ്യന്റെ മനസ്സിന് ആനന്ദത്തെ ഉണ്ടാക്കുന്നതാണ് ൂടെ ഭക്ത ഭക്തി എന്ന ആനന്ദം എന്ന് പറയുന്നത് അവിടെ വിശ്വാസം കൊണ്ട് വിശ്വാസം എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ രക്ഷകനായും മുക്തിപ്രദനായും അങ്ങനെയുള്ള നിരവധി വിശേഷങ്ങളിലൂടെ അകൂലൈനോട് കൂട്ടിച്ചേർത്തു അപ്പോ അങ്ങനെ വരുമ്പോ എന്താണ് തൻ്റെ പരവുമായ ആശ്രയമായിട്ടുള്ള ഭാവനയും അതിൽ അനുഭവിക്കുന്നത് ഒരു അതിനാണ് ദിവ്യമായ അലൗകികമായ ആനന്ദ അതാണ് ഭക്തി എന്ന് പറയും അപ്പൊ അവിടെ ഇതിനും വലിയ പ്രാധാന്യമാണ് അതുകൊണ്ടാണ് ഇത്ര ഇതിനും പ്രാധാന്യം എന്നതുകൊണ്ട് സാത്വികമായ ഭക്തി മറ്റ് ഭക്തികളില്ല അല്ല ഈ പറയും മറ്റു ഭയം കൊണ്ടുള്ള ഭക്തിയുണ്ട് ോധം കൊണ്ടുള്ള വ്യക്തിയുണ്ട് അവിടെ ഈ പറയുന്നത് സാത്വികമായ വ്യക്തിയുണ്ട് പറയുണ്ടോ ദേവതകളെ ആരാധിക്കുന്നിടത്ത് തന്നെ സാത്വികവും രാഷ്ട്രീയം താമസം താമസമായ രൂപങ്ങളെ ആരാധിച്ചാലും മനുഷ്യന്റെ മനസ്സിൽ ഭക്തി ഉണ്ടാകും മനുഷ്യരെ ഇവിടെ അങ്ങനെ ഒരു ഇവിടെ സാത്വികമായ ഭക്തിയാണ് അപ്പൊ ശാന്തസുന്ദരമായ രൂപങ്ങളാണ് ഇവിടെ ആരാധിക്കുന്ന നല്ല കറൌര്യ ഭീപത്സ്യൂപങ്ങളൊന്നും കൂടെ ആരാധിക്കത്തില്ല ആരോപും വൈഷ്ണവൻ അങ്ങനെയുള്ള ആരാധനാസ്പ്രദങ്ങളോ അവർക്കുമ്പത്തല്ല ഘോരമായ രൂപത്തെ ഘോരമായ രൂപം കൊണ്ട് നമുക്ക് ഘോരമായിട്ട് തോന്നും അതിലങ്ങനെ സൗന്ദര്യം കൊണ്ടെത്തണമെങ്കിൽ അയാളുടെ മനസ്സിൽ എന്തായിരിക്കും രാജസ്വത താമസാവസ്ഥയുടെ സാത്വികമായ അവസ്ഥയിൽ ഭീവത്സതയും സൗന്ദര്യം കൊണ്ടെത്താൻ പറ്റുന്നു ഭീവത്സതയും ഭീവത്സവമായി തന്നെയാണ് ഈ ബത്സവം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് ഭയപ്പെടുത്തുന്നതെന്നാണ് എൻ്റെ അർത്ഥം തന്നെ അങ്ങനെ അതുകൊണ്ടാണല്ലോ നമ്മൾ സാധനം പറയാനുള്ള ഭയഭക്തി ബഹുമാനങ്ങൾ എന്നൊക്കെ പറയും അപ്പൊ ഭയം കൊണ്ടും മനുഷ്യന് ഭക്തി ഉണ്ടാവും ഇവിടെ അതല്ല ഇവിടെ ഭയം കൊണ്ടും ഉണ്ടാകും മനുഷ്യരെങ്കിലും വേറെ തിരിച്ചറിയാത്തോണ്ട് എന്താണ് പേടിപ്പെടുത്തുന്ന ദൈവം നരകഭക്തി ദൈവം നമ്മൾ കൊണ്ട് നരകത്തിൽ ചാടിക്കുമെന്നുള്ള ആ ഒരു ഭക്തി ഇവിടെ പറയുന്നതിനെക്കുറിച്ച് പറഞ്ഞു അങ്ങനെയൊരു ഭക്തി ഉണ്ട് നരകഭയം കൊണ്ടുണ്ടാവുന്ന ഭക്തി പാലന ഭജിക്കുന്നവരുമുണ്ട് കരിയ ഭജിക്കുന്നവരുമുണ്ട് അങ്ങനെയൊക്കെ പലതരത്തിലുള്ള മനുഷ്യർ അതൊക്കെ എന്താണ് വിശ്വാസമാണ് അവിടെ കൊണ്ടുവരുന്നത് ഇവിടെ പറയുമ്പോൾ എന്താണ് ദിവ്യ മംഗള രൂപാണ് ഇവിടെ ശരിക്കും പറഞ്ഞ ഒരു സൗന്ദര്യ ആരാധനയാണ് അപ്പൊ അവിടെ ആ പറയുന്ന തരത്തിലുള്ള ദീപക്സ പ്രാമുഖ്യ ഭാവങ്ങൾക്കുള്ള ഭാവങ്ങൾക്കുണ്ടെങ്കിൽ സ്ഥാനം അത് വൈഷ്ണവന്റെ ഒരു പ്രത്യേകതയെന്നൊന്നും മനസ്സിലാക്കുക അവരങ്ങനെയാണ് അതുകൊണ്ടാണ് അവരിത്രയും ഒക്കെ വർഗീയ അതുകൊണ്ട് അവർക്ക് അവകാശപ്പെടാമെന്നുള്ള എന്താണ് അലൗകീയമായ അല്യമായ ആനന്ദം വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് വൈഷ്ണവ സമ്പ്രദായത്തിന് പല രൂപത്തിൽ ഭാരതത്തിൽ പ്രചാരസിദ്ധിച്ചതും അതുകൊണ്ടാണ് പല അതിന് രൂപമാറ്റം വന്നിട്ടാണെങ്കിലും ഇവിടെ ഇപ്പോൾ വരുമ്പോൾ രാമായണ സമ്പ്രദായമായ മാധൃസമ്പ്രദായ ഗോഡീയ സമ്പ്രദായമായ രാമാനന്ദീയ സമ്പ്രദായമായാലും എല്ലാം വൈഷ്ണവ സമ്പ്രദായങ്ങൾക്കാണ് ഭാരതത്തിൽ വലിയ പ്രചാരം സൃഷ്ടിച്ചത് മറ്റെല്ലാം ചെറിയ ചെറിയ ചെറിയ ഭാഗങ്ങളിലും മറ്റെല്ലാം ഒതുങ്ങിപ്പോയി ഒരു പക്ഷേ അതിൻ്റെ ഈ വിശേഷങ്ങൾ കൊണ്ടായിരിക്കാം എന്ന് നമുക്ക് മനസ്സിലാം അതുകൊണ്ട് ആ ആരാധന എന്ന് പറയുന്നത് മനുഷ്യന്റെ മുകളിൽ ഒരുപാട് ആനന്ദത്തെ ഉണ്ടാക്കുന്നതാണുള്ള പ്രസിദ്ധരായ ഭക്തന്മാരെയൊന്ന് നോക്കുക വളരെ പ്രസിദ്ധി നേടിയ ഭക്തന്മാർ അതായത് നൂറ് ശതമാനം പറയാൻ പറ്റില്ല തൊണ്ണൂറ് ശതമാനം മകൻ വൈഷ്ണവുമുണ്ട് പത്ത് ഏറ്റവും കൂടുതൽ ആരാധനങ്ങൾ ആരാധനാലയങ്ങളുള്ള വൈഷ്ണവർക്കാണ് ലോകത്തിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആരാധനാലയവും വൈഷ്ണവർക്കാണ് അങ്ങനെയൊക്കെയുള്ള പ്രത്യേകതകളുണ്ട് സൗന്ദര്യം നവയശോഭിക്കുന്നു നിരവധി നിരദ്ദേശല്യ സൗന്ദര്യ സൗഗന്ധ്യം സർവഗന്ധ സർവരസാമുഖ ശുദ്ധി എന്ന് പറയുന്നു അപ്പോ എന്ന് പറഞ്ഞാലിവിടെ ഇത് വർണ്ണിക്കുന്ന സർവൈന്ദ്രിയ വിഷയങ്ങൾക്കും മനസ്സിനും എന്താണ് അനുകൂലമായിരിക്കുന്ന ഒരു ഒരു രൂപം ശ്രീകൃഷ്ണന്റെ രൂപം ഇത്രയും എന്താണ് ഇത്രയും കവികൾ വർണ്ണിക്കാൻ എന്നാണ് കാരണം കാരണം അതിന്റെ മനോഹാരിതയാണ് എല്ലാ അർത്ഥത്തിലും കാഴ്ചയ്ക്കും കേൾവിക്കും എന്താണ് പീതികിയ തലം മുടിക്കും ഓടക്കുഴലും എല്ലാ മൊത്തത്തിലുള്ള ആ ഏർപ്പാട് തോന്നിക്കഴിഞ്ഞാൽ എന്താണ് ആരെയും വളരെയധികം ആകർഷിക്കുന്നു അതിലൊരു പ്രാധാന്യമാണ് അതുകൊണ്ടാണ് ഈ രൂപാരാധന പ്രതിമ ആരാധനയിലൂടെ ഇത്രയും ഈ ദൈവത്തിന്റെ രൂപമില്ലാതെ വിശ്വസിക്കുന്നവർ സെമിറ്റിംഗ് പദങ്ങളിലൊക്കെ അവരുടെ ആരാധനയിൽ ഏറ്റവും മുഖ്യമായി വരുന്ന എന്താണ് കേവലം പ്രാർത്ഥന അവരെ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടേ അരൂപനായ ജീവത്തോട് അവരുടെ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടേ ആവശ്യം നിരന്തരമായി മുന്നൂറാണ്ടങ്ങൾ ഇങ്ങനെ സമർപ്പിച്ചുകൊണ്ടേയിരിക്കും അപ്പോ രൂപമുള്ള ദൈവമാണെങ്കിലോ അവര് നിരന്തരം ചെയ്യുന്ന ഈ ദൈവത്തിന്റെ ഗുണഗണങ്ങൾ ഇങ്ങനെ രൂപ സൗന്ദര്യം ഇല്ലാമീന്നൊക്കെ വർണ്ണിച്ചുകൊണ്ടേയിരിക്കുക അതിന്റെ ഇടക്കൂടി തന്റെ ആവശ്യങ്ങളും പറയുക ആ ദൈവത്തിന്റെ ആരാധന ഏറ്റവും ഉയർന്ന ആരാധന എന്ന് പറയുന്നത് മാനസികമായ ആരാധന അവിടെ ജൈവസ്തോത്രങ്ങളെല്ലാം ഉണ്ട് പക്ഷെ അങ്ങനെ ഉപരിയായിട്ട് എന്ത് ചെയ്യുന്ന ബാഹ്യമായി അവർ ദൈവത്തിന്റെ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ച് മനോഹര രൂപങ്ങൾ ഉണ്ടാക്കി വെച്ച് അതും ആരാധിക്കും അങ്ങനെ രൂപം കത്തിക്കുന്നുകൊണ്ടാണ് ആ സൗകര്യങ്ങളെല്ലാം ഉണ്ട് അതൊക്കെ ഒരു സൗകര്യമാണ് സൗകുമാനം എന്ന് പറയുന്നു എന്താ പറയുന്നു മഹാബലത്തുവേണ്ടി പുഷ്പ ശൈലി നാമസ്തുഹാനം എന്നുവെച്ചാൽ ശരീരത്തിൻ്റെ ആ മൃദുത്വം ഈശ്വരൻ സാത്വികമായ വല്ലാത്ത ഒരു ഭാവം ഇവിടെ കൽപ്പിക്കുന്നില്ല സുകുമാരവും മഹാബലവും ആ കൊടുത്തിരിക്കുന്നത് പ്രമാണം ഈ ലേഖനങ്ങളിലും ഏറ്റവും കൂടുതൽ പ്രമാണമായി സ്വീകരിച്ചിരിക്കുന്ന രാമായണത്തെ പിന്നെ വിഷ്ണു പുരാണം പിന്നെ അഹിർബുദ്ധ സംഗീതം പിന്നെ അവരുടെ ആചാര്യന്മാരുടെ ഗ്രന്ഥങ്ങൾ ഇതൊക്കെയാണ് അതുകൊണ്ടിടയ്ക്ക് ഇടയ്ക്ക് രാമായണത്തിൻ്റെ ഇതുകൊണ്ട് രാമായണത്തിന്റെ രാമിന്റെ വർണ്ണനകൾ രാമണീ സമുദായ കാന്തിയാണെന്തു ദ്വയാ വിശ്വസ്തം മുഴുവൻ എന്താണ് തന്റെ കാന്തി കൊണ്ട് നിറച്ച് തന്റെ തന്റെ നേത്രേന്ത് ദ്വയകാന്തി ലോകത്തെ മുഴുവൻ എന്താണോ ലോകത്തെ അതിന് മുഖ്യം എന്ന് നമുക്കറിയാം എങ്ങനെയാണോ പ്രകാശം ഭൂമിയെ പൊതി പൊതിഞ്ഞിരിക്കുന്നു അതുപോലെ എന്നെല്ലാം പറയുന്നുണ്ട് ഭൂയിഷ്ടം തേനേയം അർബർ പ്രഹ്ലാഭിക്തൃഭവും മൃദൂഗൃഹം തക്ഷാന വേറെ ഒരു ലഘനയുടെ അർഹബുദ്ധിയും സംവിധിയ ലാവണ്യം പറഞ്ഞാൽ കണ്ണിന് ആനന്ദത്തെ ഉണ്ടാക്കും കണ്ണെന്ന് പറയുമ്പോൾ ഇവിടെ ഭക്തരെ സംബന്ധിച്ചിടത്തോളം മനക്കണ്ണു മതി മനസ്സുകണ്ണങ്ങൾ ഈ കണ്ണെന്ന് പറയുന്നത് ശരിക്കും ബാഹ്യമായ കണ്ണും ആകാം കാരണം അതാണ് പ്രതിമകളെ ഇത്രയും മനോഹരമായി അത് ബാഹ്യമായ കണ്ണിൽ കൂടെ ആ ലാവണ്യത്തെ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ തന്നെ മാനസികമായ പ്രത്യക്ഷം രണ്ടു തരത്തിൽ സാധിക്കും സംഭവിക്കുക പ്രതിമകളെ വടക്കേഞ്ചിച്ച് നോക്കുക ഓരോ സ്ഥലത്തും ഈ കൃഷ്ണന്റെയും പ്രതിമകളെ എത്ര മനോഹരമായിട്ടാണ് അവർ അലങ്കരിച്ചു വച്ചത് അലങ്കാരങ്ങളെ നമ്മൾ അത്ഭുതപ്പെട്ടു അത് ഇതിന്റെ ഒരു അടിസ്ഥാനം സ്വഭാവം അതെന്താണ് അതാണ് ലാവണ്യം എന്ന് പറയും പ്രതിമകളാണെങ്കിൽ ഞാൻ അടുത്ത് പറയുന്നത് അത് അർബുദ്ദിനഹിതയുടെ ഒരു ഭാഗം ആഗതന നമുക്ക് നെറ്റില് കിട്ടും നെറ്റിൽ സെർച്ച് ചെയ്താൽ മിക്കവാറും ഈ പറയുന്നതെല്ലാം കിട്ടണം മിക്കവാറും ഞാൻ നോക്കി എല്ലാം കിട്ടിയിട്ടുണ്ട് പൂർവ്വം ചിലത് മാത്രം അതും കാണുമായിരിക്കും കൂടുതൽ സെർച്ച് ചെയ്യുന്നത് ഭൂയിഷ്ടം തേരെ വർദ്ധരും ബഹളാകൾ തോക്കണം അതുപറയുന്നതാണ് നമ്മുടെ ശരീരം അല്ലെ ചെറുതായിരുന്നു ചൂടായി കഴിഞ്ഞാൽ ശരീരത്തിന്റെ മെക്കാനിസം വേർക്കും വേർത്തിട്ടെന്ത് ചെയ്യും ശരീരത്തെ ഒന്ന് തണുപ്പിക്കും തണുപ്പിക്കുക എന്ന് വെച്ചാൽ ശരീരത്തെ ഒന്ന് മൃദുവാകും ചെറുതായി വേർത്ത് ശരീരം മൃദുവായിരിക്കും അതുപോലെയാണ് ഭഗവാന്റെ ശരീരത്തിന്റെ ലാവണ്യം എന്നാണ് പറയുന്നത് എന്താണ് ചെറുതായി ഒന്ന് വേർത്ത് മൃദുവാകുന്ന ശരീരം അതാണ് ഇവിടെ പറയുന്നത് ഭൂരിഷ്ട ഹുളാഭിമൃദൃത്തം ഏർപ്പിന്റെ ഒരു ലാഞ്ചനം കൊണ്ട് ശരീരം മൃദുവായി തീരുക എന്നർത്ഥം അതൊരു ചെറിയ ചൂട് വരുമ്പോൾ ഏർപ്പുമെന്ന് ശരീരത്തിന്റെ മെക്കാനിസത്തോടുകൂടെ പറയുകയാണ് അങ്ങനെയുള്ള ശരീരം എന്ന് പറയുന്നത് ചക്ഷു കണ്ണിനും ആനന്ദത്തെ ഉണ്ടാക്കുന്നതാണ് എന്നർത്ഥം അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഘോരവും ജീവത്സവമായ ഭക്തന്റെ മനസ്സിനങ്ങോട്ട് വലിച്ചടിപ്പിക്കുന്ന ആകർഷിക്കുന്ന രൂപമാണ് അതാണ് ഭാവനയെ വൈഷ്ണവഭാവന അത് അടുത്തു പറയുന്നത് യൗവനം എന്ന് പറഞ്ഞാൽ ചെറുപ്പം നമ്മൾ പറയുന്ന അർത്ഥത്തിലുള്ള കാരണം എന്താണോ ഭഗവാൻ നിത്യയൗവനത്തിലാണ് നമ്മുടെ ഭാഗ്യം കഴിഞ്ഞുള്ള യൗവനമല്ല എന്നുള്ളത് ൗവനസ് അനാദിത്വം ആ യൗവനം എന്ന് പറയുന്നത് അനാദി അനന്തമാണ് ഇന്ന് യൗവനമായിട്ടാണിരിക്കുന്നത് നമ്മുടെ ജരാനരകളൊന്നും ഇല്ല ജന്മവും ഇല്ല മാത്രമേ നമ്മളെപ്പോലെ വളരെ ചെറിയൊരു യൗവനം ഉണ്ടാകുന്നു ഇതങ്ങനെയല്ല ഇപ്പോ എന്താണത് ഈശ്വരൻ എന്ന് പറയുന്നത് ഇവിടെ ീ പറയും ഈശ്വരന്റെ പ്രധാനമായ മൂന്ന് രൂപങ്ങൾ ഒന്ന് തത്വം ഇവിടെ അംഗീകരിക്കുന്ന സന്താനന്തമായ അവിടെ നേരെ പ്രത്യേകിച്ച് ബാക്കിയുമായിരുന്നു നീ പറയുന്ന ശരീരം ഒന്നും കൽപ്പിക്കാനില്ല പിന്നെ രണ്ടാമത് വരുന്നതാണ് എന്തായാലും ഭക്തന്മാർക്കെല്ലാം അങ്ങേറ്റം പ്രിയതരമായിരിക്കുന്ന അത്യത്ഭുതപരമായ രൂപം എന്ന് പറയുന്നതാണ് ദിവ്യമംഗളരൂപം രണ്ടാം മൂന്നാമത്ത് വരുന്നത് എന്താണോ അവതാര രൂപങ്ങൾ പലതരത്തിലുള്ള അവതാരങ്ങൾ എന്നിട്ട് പുരാണ പ്രസിദ്ധമായ അവതാരങ്ങളാണ് ഇവിടെ രാമകൃഷ്ണാതി അവതാരങ്ങളിൽ അപ്പോൾ ഇങ്ങനെ മൂന്നും തരത്തിലുള്ള രൂപങ്ങളുണ്ട് അപ്പോൾ ഈ രൂപങ്ങളെല്ലാം പറഞ്ഞിരിക്കുമ്പോൾ മനസ്സിനങ്ങോട്ട് ആകർഷിക്കത്തക്ക രീതിയിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് എന്താണ് ഇവിടെ പറയുന്ന ദിവ്യമംഗള രൂപം എന്ന് പറയുന്നത് വൈകുണ്ടത്തിലിരിക്കുന്ന രൂപം അത് എന്നത് അനന്തരഭാവി കൗമാരത്തിന് ശേഷം വരുന്ന യുഗത്വമല്ല അനാദ്യ അനന്തമായ രൂപമാണ് ബാക്കിയൊക്കെ അവിടെയൊക്കെ വായിച്ചാൽ മനസ്സിലാക്കുക എന്നുള്ള കാര്യങ്ങൾ അങ്ങനെ ഈ പറഞ്ഞതും ഇനി പറയാത്ത നിരവധി ഗുണങ്ങളും കൂടി ചേർന്നതാണ് ഈ വർണ്ണിച്ചൊക്കെ എങ്ങനെയാണ് നേരത്തെ പറഞ്ഞത് രൂപം അത് സ്വരൂപം ഇവിടെ ഇപ്പോ അത് കഴിഞ്ഞ് ഗുണങ്ങളെ വർണ്ണിക്കും ഇവിടെ പറയുന്നത് ദിവ്യ വിഗ്രഹത്തെയാണ് ശരീരത്തെ ഈ പറഞ്ഞ ശരീരത്തോട് ചേരുന്ന വർണ്ണനങ്ങളാണ് അപ്പോ ഈശ്വരൻ ഒരു ദിവ്യ മംഗളരൂപം ഉണ്ട് എന്നുള്ളതാണ് അത് രണ്ട് സത്യമാണ് അദ്വൈതുകൾ പറയുന്ന ഒന്ന് സത്യവും മറ്റൊന്നും കൽപ്പിതുമല്ല രണ്ട് സത്യം തന്നെയാണ് അടുത്ത് പറയുന്ന രണ്ട് കാര്യങ്ങൾ പറയുന്നത് രൂപത്തെ വന്നിരിക്കുമ്പോൾ ഇത് കൂടിയും ഭൂഷണവും ആയിരുന്നു ആഭരണങ്ങൾ ആയിരുന്നു ദിവ്യ അതാണ് അടുത്ത് പറയുന്നത് സൂചിത വിവിധ വിചിത്ര അനന്ത ആശ്ചര്യ നിത്യ നിരവധി അപരിമിത ദിവ്യഭൂഷണങ്ങളാണ് ദിവ്യഭൂഷണം അതായത് ദിവ്യഭൂഷണമെന്ന് പറയുമ്പോൾ അർച്ചാരൂപത്തിൽ അണിയിക്കുന്ന ഭൂഷണങ്ങളല്ല അതും ഒരു ആരാധകരെ സംബന്ധിച്ചിടത്തോളം ദിവ്യം തന്നെയാണ് ഇത് ആ ശരിക്കും വൈകുണ്ഠത്തിൽ ഉള്ള ദിവ്യാഭരണങ്ങളെ കുറിച്ച് പറയുക സോചിതമായതും ഭഗവാൻ ഉചിതമായതായിരിക്കണം അത് നേരത്തെ പറഞ്ഞാണ് പറയേണ്ട കാര്യമില്ല അതിനകത്തുള്ള വിവിധ വിവിധ ആഭരണങ്ങൾ ആയുധങ്ങളെല്ലാം ആധുനിക അതും രാമായണത്തിൽ നിന്ന് ഉദാഹരണം പറയുന്നു ആയുധാശ സുപൂർദാശ ബാഹവ പരിഘോപമാഹാഭൂജനഭൂഷാഹ എല്ലാ ആഭരണങ്ങളും കൊണ്ട് അലങ്കരിക്കാൻ യോഗ്യമായ ശരീരം അത് പിന്നെ കൈകളെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് വളരെ ദീർഘങ്ങളും നല്ല മസ്സിലാക്കിയുള്ള കൈകൾ പരിഘോപമാഹലക്ക പോലെയുള്ള കൈകളെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഉലക്ക പോലെ ഇങ്ങനെ നീണ്ടിരിക്കുന്ന ധരിച്ച കൈകളുണ്ട് അതുപോലെ പരിഖം എന്ന് വെച്ചാൽ ഉലക്കും ശരിക്കുള്ള ദൃഢമായ കഴിവ് അതെന്താണ് കങ്കണം പോലെയുള്ള ആഭരണങ്ങൾ അണിയുന്നതിന് യോഗ്യമായ കൈകളാണ് ഇതൊക്കെ ഇത്യാദി ഭാവിയെന്ന് ചോദിച്ചാൽ അങ്ങനെയൊക്കെ നിന്ന് ഭാവന ചെയ്തതോണം സങ്കല്പിച്ചോണം മനസ്സിലാക്കി കൊള്ളണമെന്നുള്ളതാണ് ബാക്കിയത് ഇവിടെ കുറേ സ്വീകരിക്കുന്നുണ്ട് പിന്നീട് ഹാരാതിരൂപീണ വൈവിധ്യം വൈവിധ്യം എന്ന് പറയുന്നതാണ് പലതരത്തിലുള്ള ആഭരണങ്ങൾ വൈചിത്രം എന്ന് പറയുന്നത് എന്താണ് ഒരേ ആഭരണം തന്നെ പല ദ്രവ്യങ്ങളും ഉണ്ടാവും വജ്രം വയടൂര്യം മൊത്ത് മാണിക്യം മരതകം ഇങ്ങനെയുള്ള വിവിധ സാധനങ്ങൾ കൊണ്ടുണ്ടാക്കിയ ആഭരണങ്ങളായതുകൊണ്ടാണ് അത് വൈവിധ്യം വന്നത് വൈചിത്യം വന്നത് വൈവിധ്യം പലതും അപരിമിതം എന്ന് പറഞ്ഞാൽ സംഖ്യ അനന്തം എന്ന് പറഞ്ഞാൽ അത്യാശര്യം എന്നുള്ളതിനെ വിശേഷിപ്പിക്കാര്യത്തിന് അളവില്ലെന്ന് പറയാൻ വേണ്ടിട്ടാണ് അനന്താശ്ചര്യം നിത്യമാണ് നിരവധ്യമാണ് അതൊക്കെ മുമ്പ് പറഞ്ഞതുപോലെ അങ്ങനെയാണ് മുമ്പെന്താ പറഞ്ഞത് നിത്യം നിരവധ്യത്തിന് ആ കാലാവസ്ഥ കാലപരിമിതമല്ല എന്നു അതിനു വേണ്ടിയും മനസ്സിലാവും ജരാതിരഹിതം തെരുമ്പെടുക്കുന്ന ആഭരണങ്ങളൊന്നുമല്ല അപരിമിതത്വം എന്ന് പറഞ്ഞാലും അസംഖ്യം തന്നെയാണ് വിഗ്രഹാനുരൂപ മഹത്വം ആ രൂപം എങ്ങനെയാണോ അതിന് യോജിച്ച അലങ്കരം അലങ്കാരങ്ങളെന്നും അപരിമിതത്തിൽ നടത്തുന്നു ഭൂഷണായുധയോ ദിവ്യത്വം അപ്രാകൃതത്വം അത് ഞാൻ ആദ്യം പറഞ്ഞത് ഭൂഷണത്തെ സംബന്ധിച്ചിടത്ത് ആയുധങ്ങളെ സംബന്ധിച്ച് പറയുക ഇതിന്റെ പ്രത്യേകത എന്താണ് ഈ പ്രാകൃതം ആലോചിച്ച എന്താണ് ഈ ലീല വിബോധിക്കുന്നതായി ഞാൻ കാണുന്നത് ഇതിനകത്ത് വിടുന്ന ആയുധങ്ങളും അത് ശുദ്ധസാത്വികമാണ് ദേവല സാധ്യമാണ് ത്രിഗുണങ്ങളിൽപ്പെടുന്ന സാധ്യമാണ് ത്രിഗുണങ്ങളിൽ അന്തർഭവിച്ച സത്വമാണ് അത് വിശേഷ സത്വമാണ് അനാദി അനന്തമാണ് സിഷ്ടമല്ല അത് എന്താണ് ഭൂഷണങ്ങളിൽ ന്യായകങ്ങളെക്കുറിച്ച് പറയുന്നത് സ്വാനൂപ അസംഖ്യേ ആതിഥ്യ ശക്തി നിത്യ നിരവധി നിരവധി കല്യാണ നിര്യായിട്ട് ഭൂഷണങ്ങളെ കുറിച്ച് വർണ്ണിക്കുന്നിടത്ത് ആയുധങ്ങളെ കുറിച്ചും വർണ്ണിക്കുന്നു അവിടെയും പറയുന്ന സ്വരൂപ അനുരൂപം ആ വിഗ്രഹത്തിന് യോജിച്ച ആയുധങ്ങൾ അസംഖ്യയം പറയും പക്ഷെ പഞ്ചായുധം എന്ന് പറയുന്നതോ കൃഷ്ണ അഞ്ചായുധങ്ങളാണ് ഏതൊക്കെയാണ് ശക് ചക്രം ഗത മൂന്നായപ്പോ തീർന്നു ബാക്കി അവിടെ പോയി രണ്ടെണ്ണം സുദർശനം പറഞ്ഞു പോയാ സുദർശനം ആയുധമാണ് ചക്രം എന്ന് വെച്ച വണ്ടിയുടെ വീലല്ലാതെ ആയുധമാണ് ഏ ആ പറഞ്ഞു ശംഖ് ചക്രം ഗതൊന്നുകൂടെയുണ്ട് നിവാരണ ചക്രവാണേ എന്നൊക്കെ കേട്ടിട്ടില്ല ഞങ്ങൾ ഒന്ന് നന്ദക ഒരു വാള ഒരു വാളുകൂടെ ഉണ്ട് ഏ ആ ഇങ്ങനെ കുത്തിപ്പിടിച്ചിരിക്കുന്നതാണ് ചില രീതിയിലൊക്കെ ഒരുപാട് താഴോട്ട് ഞാൻ കുത്തിപ്പിടിച്ചിരുന്നു അതാണ് പഞ്ചായത്ത് പ്രസിദ്ധി അതെന്നുവെച്ചാണ് പ്രധാനമായ പക്ഷെ അത് പ്രധാനപ്പെട്ടതായത് കൊണ്ട് അത്രയൊന്നുമല്ല നിങ്ങൾ കാണണം എന്നുണ്ടെങ്കിൽ എവിടെ നോക്കണം വിശ്വരൂപം വിശ്വരൂപത്തിന്റെ വർണ്ണതയും നോക്കണം അവിടെ കാണാം ഒരുപാട് അതിൽ കൂടുതൽ കണ്ടിട്ടില്ല ഇവിടമൊക്കെ ഒരു ചോദിച്ചിരിക്കുകയാണ് അപ്പൊ അങ്ങനെ നിരവധി ആയുധങ്ങൾ അചിന്തി അതിന് തന്നെ എന്താണ് അചിന്യമാണാതി ശക്തി കുഠാലി വരെയുണ്ട് കുന്താരി പഴയ കാലം അല്ലേ അന്നത്തെ ആയുധം എന്ന് പറഞ്ഞാൽ പരമാവധി ഇത്രയൊക്കെ സങ്കല്പിക്കാൻ പറ്റും ഏ അത് ഇന്നില്ലല്ലോ ഇല്ലാരുംകൂടി ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല പണ്ടുണ്ടായിരുന്നു അങ്ങനെ സാധനങ്ങളൊക്കെ പ്രത്യേകം വിധാരണം ഏകേന ഇത് രാമാവതാരത്തിന്റെ കാര്യം പറയാനും രാമന്റെ രാമനെ പരീക്ഷിക്കുന്നതിന് വേണ്ടി സുഗ്രീവൻ ആവശ്യപ്പെട്ടപ്പോൾ ഒറ്റ അമ്പ കൊണ്ടെന്തേനോ ആ സാലകക്ഷങ്ങളെ മുഴുവൻ വിളർന്നു അടുത്ത് നിന്ന് പർവ്വതത്തെ പിളർന്നു പിന്നെ അതും കഴിഞ്ഞ അവിടെ പോയി ഭൂമിയേയും വിളർന്നു അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അഖിലേന്ത്യശക്തി എന്നതിന്റെ ആയുധം കൊണ്ട് ശക്തി അതായത് സാധാരണ ഒരു മനുഷ്യന് ഇത്തരം ചെയ്യണമെങ്കിൽ ഒരുപാട് ആയുധങ്ങൾ വേണം ജെ സി ബി എല്ലാം വേണം ഇവിടെ ഇതിൻ്റെ ഒന്നും ആവശ്യമുള്ള ഒറ്റ ഇഷ്യൂ കൊണ്ട് തന്നെ എന്ത് ചെയ്തു ഇതെല്ലാം സാധിച്ചു അതാണ് അജിലിജക്തി എന്ന് പറയും അതിനെ അതിന്റെ ശക്തിയിൽ എന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളത് പറയുകയാണ് രാമാ അവതാരത്തിൽ വന്നപ്പോൾ അത് കാണിച്ചതെന്നു അവതാരം എന്ന് പറയുന്നതും ആളൊന്നുതന്നെ അവിടെ ഇരിക്കുമ്പോൾ അത് അങ്ങനെ ഇരിക്കുന്നു അതിനെക്കുറിച്ച് അതിന്റെ വിശേഷത പറയും അവതാരങ്ങളിൽ വരുമ്പോൾ അവിടെ ദുഷ്ടനിഗ്രഹം എന്ന് പറയുന്ന അവിടെ വേറെ റോളുണ്ട് മറ്റിടത്ത് വേറെയാണ് രണ്ടും പറയും അത് അംഗീകരിക്കുന്നുണ്ട് പിന്നെ നിരോധി കല് അതാണ് പറയും നിരോധി കല്യാണത്വം അത് പറയും അവിടത്തെ ആ രൂപ ആയുധങ്ങളുടെ പ്രത്യേകത എന്താണ് അതും നിരോധിച്ച് ആനന്ദാഹത്വം അവിടത്തെ ആയുധങ്ങൾ പറയുന്നത് ഭക്തനെ പേടിപ്പെടുത്തുന്നതല്ല അവർക്കെന്താണ് ഈ ദിവ്യവും അലൗകികവും സാത്വികവുമായിരിക്കുന്ന ഈ ആയുധങ്ങൾക്കും ഭക്തൻ എന്താണ് അവൻ്റെ ഉള്ളിൽ ആനന്ദത്തെ ഉണ്ടാക്കുന്നതാണ് ആനന്ദത്തെ ആവഹിക്കുന്നതാണ് അതായത് കേവലമായ ഭക്തി ആ ഒരു കണ്ണിനോട് നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം എന്താണ് ഉത്തമോത്തമങ്ങളാണ് കാരണം ആ ഭക്തി എന്ന് പറയുന്നത് കേവലം മാനസികമായ ആരാധന ആ രീതിയിൽ നോക്കുമ്പോൾ ഇതിനെ ഭൗതികമായ യാഥാർത്ഥ്യങ്ങളുമായി ബന്ധിപ്പിക്കുന്നിടത്താണോ അടവ് തെറ്റിക്കുന്നത് അവിടെയാണ് കുഴപ്പങ്ങൾ പറയുന്നത് ഭക്തി എന്ന് പറയുന്ന ഒറ്റ കഴിഞ്ഞാൽ ഇതെല്ലാം എന്താണ് ഇതെന്നും ഒരു ദോഷം പറയാം കാരണം ഭക്തി എന്ന് വെച്ചാൽ ഏത് രൂപത്തെ ഭൂഷണത്തെ ആയുധത്തെ ധ്യാനിക്കുമ്പോഴാണോ അത് അവന്റെ ആനന്ദത്തിന് അനുകൂലമായിരിക്കുന്നത് അതെന്താ ദോഷം അതാർക്കും ഒരു ദോഷം ചെയ്യുന്നില്ല അതുകൊണ്ടിവിടെ പറയുന്നത് എന്താണ് അത് നിരതിശയമായ ആനന്ദ മഹത്വം ഭക്തനും നിരതിശയമായ ഉണ്ടാക്കുന്ന ഭൂഷണങ്ങളൊക്കെ അനുപ്രവേശ ആഭരണങ്ങളെ കുറിച്ച് പറയുമ്പോഴും അങ്ങനെ തന്നെയാണ് ഇതൊക്കെ എന്തിനെ വർണ്ണിക്കുന്നു ഇതെല്ലാം വർണ്ണനകളെല്ലാം ഭയപ്പെടുത്തുന്നോ ഒന്നുമില്ല മറിച്ച് അവന് ആനന്ദത്തിനു വേണ്ടി തന്നെയാണ് ആനന്ദം ഉണ്ടാകത്തക്ക രീതിയിലുള്ള വർണ്ണനകളെ ഉള്ളു ആ പിന്നെ ഇനി ഇതിനെ വേർതിരുത്തി വ്യാഖ്യാനിക്കുന്നത് നോ മേ ുധ ലക്ഷണാനി മംഗളാഭക ജയപ്രസിദ്ധാനി സമ്പൂർണത്തിലും ആയുധങ്ങൾ മംഗളാഭകമാകും ലോകത്തില് ഈ ആയുധങ്ങൾ മംഗളാഭകമാകുന്നതെന്ന് വെച്ചാൽ ദുഷ്ടനിഗ്രഹത്തിലൂടെ ഭക്തന്മാരെ സംരക്ഷിക്കുന്നു എന്നുള്ള വിശ്വാസം അതവർക്ക് മംഗളത്തെ ചെയ്യുന്നു എന്നുള്ളതാണ് ലോകത്തിലങ്ങനെയാണ് ആയുധങ്ങളെ കാണുന്നത് കോദണ്ട രാമൻ പറയുന്നത് എന്താണ് പുതിയൊരു സംരക്ഷകനായിട്ടാണ് ഭക്തൻ കാണുന്നത് ഇവിടെ അങ്ങനെയല്ല അവന്റെ ഭാവനയിൽ അവൻ ആനന്ദത്തെ ഉണ്ടാക്കുന്നു അത് രണ്ടു തരത്തിലുമാണ് പക്ഷെ ആത്യന്തികമായിട്ടെന്താണ് ഭക്തി എന്ന് പറയുന്ന ആനന്ദത്തിന് ഉപകരിക്കുന്നതായിട്ടാണ് ശരിക്കും തന്നെ മനസ്സിലാക്കേണ്ടത് പിന്നെ അതിൽ നിന്നതിങ്ങനെ താഴോട്ട് മാറി മാറി വരുമ്പോൾ അത് പ്രശ്നങ്ങളുണ്ടാകും അവിടെയാണ് തകരാറുകളുണ്ട് എന്നുവെച്ചാൽ ഇപ്പോൾ ഭഗവാനിങ്ങനെ വർണ്ണിക്കുന്നു ഇങ്ങനെ ഇങ്ങനെ ആയുധങ്ങളോടുകൂടിയതാണ് ആഘോഷങ്ങളോടുകൂടിയതാണ് ആ പറഞ്ഞാലും ഭക്തൻ ആനന്ദമുണ്ടാകുന്നു ഇനി അവന്റെ വിശ്വാസം കൊണ്ട് അങ്ങനെയുള്ള ഭഗവാൻ രക്ഷകനാണ് അവൻ ആപത്തുകളിൽ നിന്ന് രക്ഷിക്കുന്നു ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുന്നു ഇതൊക്കെ ശരിയാണ് അതിനെ വിശ്വാസ തലത്തിൽ മാത്രം നടത്തുന്നത് ആണ് ഏറ്റവും യോഗ്യമായത് മറിച്ച് അതിനാൽ ഭൗതിക യാഥാർത്ഥ്യങ്ങളോടുകൂടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ ഇതൊക്കെ തകടം മറി അത് തകടം മറിഞ്ഞാണ് നമ്മുടെ ചരിത്രം അവിടെ ഭാരതത്തിന്റെ ചരിത്രം അതായത് ഇത്രയും ദിവ ആയുധങ്ങളും ഇങ്ങനെയൊക്കെയുള്ള എന്താണോ അത്ഭുത വിക്രമശാലിയായ ഭഗവാൻ എന്ത് അക്രമങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കുമെന്നുള്ള ഒരു മൂഢവിശ്വാസം ഭാരതീയർക്കുണ്ടായിരുന്നു ആ ഒരു വിശ്വാസം എന്ന് പറയുന്നതാണ് നമ്മുടെ രാജ്യം വൈദേശിക അടിമത്വത്തിൽപ്പെടുന്നതിനൊരു പ്രധാന കാരണം ഒരു കാരണം പല കാരണങ്ങളുണ്ട് ഒരു കാരണം ഈ വിദേശികളൊന്നും ആക്രമിച്ചപ്പോൾ ഒരു ഭഗവാനും രക്ഷിച്ചില്ല എന്ന് മാത്രമല്ല ഭക്തന്മാരുടെ ജോലി ഭഗവാനെ രക്ഷിക്കാനുള്ള അതീവ പ്രയത്നത്തിലായിരുന്നു ശരീരംഗത്തിലെ രംഗനായികൾ അവിടുത്തെ നാരായണനീ എടുത്തുകൊണ്ട് അവിടെയുള്ള ഭക്തന്മാർ അമ്പത് വർഷമാണ് ഒളിച്ചുകിടന്നത് ഇതൊരമ്പത് വർഷം എന്തിനാ ഒളിച്ചു കിടന്ന് ഭഗവാനെ രക്ഷിക്കാൻ വേണ്ടി അപ്പൊ ഭഗവാൻ വന്ന് രക്ഷിച്ചിരുന്നൊന്നു മാത്രമല്ല ഭഗവാനെ രക്ഷിക്കാൻ വേണ്ടി പിടാപ്പാടുകൾ കാശിയിലെ ഒരു വിശ്വനാഥ ക്ഷേത്രമാണ് ഇപ്പം ചരിത്രം കഥ കൂടെ പറയാം അപ്പൊ ഈ വിശ്വനാഥ ക്ഷേത്രം ഇന്നത്തെ വിശ്വനാഥ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്താണ് പഴയ ക്ഷേത്രം അതിന്റെ പൊളിച്ചിട്ടാണ് അവിടെ പള്ളി ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ സ്പഷ്ടമാണ് അവിടെ പോയി എന്താണ് സ്കാൻ ചെയ്യേണ്ട ഒരാവശ്യമില്ല നമുക്ക് ചെന്ന് കണ്ടാൽ അറിയാം ഇതാണോ പള്ളിയുടെ മതിലെന്ന് പറയുന്നത് ക്ഷേത്രത്തിന്റെ മതിലാണ് പണിഞ്ഞിരിക്കുന്നത് എന്റെ എല്ലാ ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് ആ ക്ഷേത്രത്തിൻ്റെ മതിലിൽ അവിടെയുള്ള ആൾക്കാർ വന്ന് പൂജ നടത്തുമായിരുന്നു ഞാൻ ചെന്ന സമയത്ത് എൺപതുകളിലുള്ള പിന്നീടവിടെ മുലായം സിംഗിന്റെ കാലഘട്ടത്തിൽ വലിയ ഇതാണോ വലിയ പില്ലറുകൾ നടത്തി അതൊക്കെ ആരും കൊണ്ടിട്ട് രീതിയിൽ അതിനെ സംരക്ഷിച്ചു ും സാധ്യമില്ല നമുക്ക് അടുക്കാൻ പറ്റത്തില്ല ശരിക്കൊരു ക്ഷേത്രം തന്നെയായിരുന്നു അവിടെ പോയി ഒരു സ്കാനിങ്ങിന്റെ ആവശ്യമില്ല ഇത് എന്തിനാണ് ഇപ്പോൾ സ്കാൻ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നു ഏഹ് അവർക്കറിയാം അംഗീകാരം എന്തിനാ എല്ലാവർക്കും അവർക്കും അറിയാം അവർക്കറിയാം അതാരും എതിർക്കത്തില്ല പള്ളി പള്ളിയിൽ പോകുന്ന എല്ലാവർക്കും അറിയാം ആ പള്ളിയിലെ ചോരുകൾ ക്ഷേത്രത്തിന്റെ ഒത്തുമണി കിടന്ന് ൂപങ്ങളും എല്ലാം പള്ളിയുടെ ചോദ്യം ഇന്ന് നിങ്ങള് പോയ കാണല്ല ഞാൻ കണ്ടിട്ടുണ്ട് ഇന്നതൊക്കെ മറച്ചു വെച്ചിരിക്കാണ് അങ്ങോട്ട് അടുക്കാൻ പത്തി എസ് സെവൻ പിടിച്ച് പോലീസ് സെവൻ ശരിക്കും ക്ഷേത്രത്തിൽ എന്റെ മേളിൽ തന്നെയാണ് അത് പണിഞ്ഞിരുന്നത് അതൊന്നും ആർക്കും ഒരു സംശയത്തി അപ്പൊ ഈ അക്രമകാരികൾ വന്നപ്പോ ഉള്ളക്കാരായിരുന്നു അവർക്ക് പല ലക്ഷ്യങ്ങളുണ്ടായിരുന്നു അന്നിപ്പോൾ ഈ ഭക്തന്മാരെന്താ വിചാരിച്ചത് ഭഗവാൻ വന്ന് രക്ഷിക്കും അവിടെ ഒരു എൻ്റെ തൊട്ടടുത്താണ് ജ്ഞാനവാബി അവിടെ പോയിട്ടുള്ളവരുണ്ടോ ഉണ്ടെങ്കിൽ അറിയാം ആ ജ്ഞാനവാ ജലം തീർത്ഥമായിട്ട് പോയി അവിടെ അമ്പലത്തിൽ പോകുന്ന എല്ലാവരും പോയി വന്നു അവർ വിശ്വാസമുണ്ടെന്ന് പറഞ്ഞാൽ ഭഗവാൻ ഈ ആക്രമണകാരികൾ വന്ന് ആക്രമിച്ച ഭഗവാൻ ശ്രീകോവിൽ നിന്ന് ഭഗവാന് മുറിഞ്ഞു ഭഗവാൻ ശ്രീകോവിലിൽ നിന്ന് എടുത്ത് ഈ കിണറ്റിച്ചാടിയാണ് ഞാൻ പറഞ്ഞു ഭഗവാനെന്ന് പറയുന്നത് എന്താണ് ഈ ശിവലിംഗം ജമ്പ് ചെയ്തെന്നാണ് എവിടേക്ക് ഈ കുളത്തിലേക്ക് അത് അതുകൊണ്ടാണ് വെള്ളം പേരിൽ പിടിക്കുന്നത് അവിടെയും വെള്ളം വിട്ടു കാശാക്കുന്നുണ്ട് ഏ അതിന്റെ പിന്നീട് ഒരുപക്ഷെ ഈ ആക്രമണത്തെ ഭയന്നവർ ഈ വിഗ്രഹം എടുത്ത് ഒരുപക്ഷെ ഇതിനകത്തിട്ടിരിക്കാം പക്ഷെ അങ്ങനെയല്ല ഇപ്പൊ പ്രദർശിച്ചിരിക്കുന്ന വിഗ്രഹം അഹല്യാഭായം നമ്മദയിൽ നിന്ന് കൊണ്ടു വന്നതാണെന്നാണ് ഒരു കഥ അവിടെ പ്രചരിച്ചിരിക്കുന്നത് എന്തോ ആയിക്കൊള്ളട്ടെ ഞാൻ പറയുന്ന ഈ വിഗ്രഹങ്ങൾ ശത്രുക്കൾ വരുമ്പോൾ രക്ഷിക്കുമെന്നുള്ള മൂഢവിശ്വാസം ആയുധങ്ങളൊക്കെ അവരുടെ കയ്യിലുണ്ട് അതുകൊണ്ടെന്തെയോ ശ്രീരംഗത്തിന്റെ കാര്യം പറയുന്നത് കഥയല്ല ചരിത്രമാണ് പന്തിരായിരം വൈഷ്ണവന്മാരെ നിരായുധരായി അവിടെ കാക്കകളിൽ നിന്നാണ് അവര് വരുമ്പോൾ ഈ പന്തിരായിരം എണ്ണത്തിനെയും കശാഫ് ചെയ്തെന്നാ പറയും മുഹമ്മദ് ബിൻ തുക്ക് വളരെ പ്രസിദ്ധനായ തുബ്ലക്കു അതിനു മുമ്പ് എത്രയാണ് പറഞ്ഞത് പിന്നെ അതിന്റെ ചരിത്രം പറഞ്ഞു പോയി കഴിഞ്ഞാൽ വളരെ രസമാണ് ഏ ഇവിടെ ഇതൊക്കെ കഥകൾ ഇങ്ങനെ എല്ലായിടത്ത് സംഭവിച്ചിട്ടുണ്ടോ അതൊരു യാഥാർഥ്യമാണ് പിന്നെ നിങ്ങള് പാർട്ടി ക്ലാസ്സിൽ നിന്ന് പഠിക്കുന്നവരെ ബുദ്ധമതക്കാർ കൊണ്ടുവന്നതല്ലേ അത് പ്രത്യേകത അതുകൂടെ പറയുന്നു കാരണം ഇവിടെ ഇങ്ങനെ വന്നു കാഞ്ചീപുരത്തും പിന്നിവിടെ ചിദംബരത്തും ശ്രീരംഗത്തും മാനിക് കഫർ എന്നുപറയുന്ന സേനാനായകത്തിന്റെ നേതൃത്വത്തിൽ പതിനയ്യായിരത്തോളം പട്ടാളക്കാർ ഇങ്ങനെ വന്നു പോയി വിളിച്ചുകൊണ്ടുവന്നതാണ് ബുദ്ധമതക്കാരല്ല എന്താണ് അവരുടെ പേര് കുരശേഖരപാണ്ഡ്യൻ ഒരു ശേഖര പാണ്ഡ്യൻ തമിഴ്നാടെന്നു പറയുമ്പോൾ ഈ ചോള പാണ്ഡ്യ രാജാക്കന്മാർ പ്രധാനമായിട്ടും ശേഖരന്മാരുമുണ്ട് മാറി മാറി ഭരിച്ചാണ് തമിഴ്നാടെന്ന് പറയുമ്പെങ്കിലും ആ തമിഴ്നാട് എന്നുണ്ടെങ്കിൽ കേരളം കൂടെ ഉൾപ്പെട്ടതാണത് തമിഴ്നാടെന്നു പറയും ഇത് പിന്നെ ആർക്കൊന്നും വേണ്ടായിരുന്നു കാരണം ഇത് കുറേ ആദിവാസികൾ കാട്ടിൻറെ അടിയിൽ കഴിഞ്ഞിരുന്ന സ്ഥലമാണ് അതുകൊണ്ട് ഇതിന് വലിയ ഡിമാൻഡുണ്ടായിരുന്നു തമിഴ്നാട് മുന്നേ കുടികൂടി പരിഷ്കൃതമായിരുന്നു കുടികുണ്ടായിരുന്ന ആൾക്കാർ അപ്പോ അതിന് ഈ ചോളരാജക്കന്മാരുടെ കാലം എന്ന് പറയുന്ന ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് വരെ അവിടെ നല്ല കാലമായിരുന്നു അത് കഴിഞ്ഞ് തന്നെ മധുര ധരിച്ചത് പണ്ഡിറ്റിന്മാരാണ് ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾ അവിടെ സ്കൂളിൽ പഠിക്കത്തില്ലേ ഇതൊക്കെ ഇല്ലേ തമിഴ്നാട്ടിലെ സ്കൂളിൽ ചരിത്രം പഠിപ്പിക്കില്ലേ ണ്ട് പിന്നെ പല ചരിത്ര പുസ്തകങ്ങളിലും ഉണ്ട് അപ്പൊ ഈ സുന്ദരപാണ്ഡ്യൻ മരിച്ചു കഴിഞ്ഞപ്പോ ആയിരത്തി മുന്നൂറ്റി പത്തില് രണ്ടു മക്കൾ വീരപാണ്ടി അല്ല കുലശേഖരപാണ്ടിയും മരിക്കുമ്പോ രണ്ടു മക്കൾ സുന്ദരപാണ്ടിയനും മീരപാണ്ടിയും രണ്ടു മക്കൾ മേലടിയായി അടിമൂത്ത് അനിയൻ ജയിച്ചു സുന്ദരപാണ്ടിന് ഓടിപ്പോയി മധുരയിൽ നിന്ന് ഓടിപ്പോയി ഓടി ഓടി എവിടെ എത്തി ഡൽഹിയിൽ അലാവദീൻ സുൽത്താന്റെ അടുത്ത് എന്നെ രക്ഷിക്കുന്നു കീരി പോയി ചെങ്കീരിയെ വിളിച്ചോണ്ടൊന്നു പറയേ വല്ല ആവശ്യം നമുക്കിപ്പോ ചിന്തിക്കാം അവിടെ ഒരു ബുദ്ധമതക്കാരും ഉണ്ടായിരുന്നില്ല ദക്ഷിണേന്ത്യയിൽ മുസ്ലിം ആക്രമണം ഉണ്ടായതിന്റെ തുടക്കം ഇതാണ് അനന്ത കൂടാരും ആക്രമിച്ചത് എന്ന് വെച്ചാൽ ഈ തമിഴ്നാട് പ്രദേശാരും ആക്രമിച്ചു അപ്പോൾ ഇയാൾക്കൊരു അലാവരി ഭിന്നിട്ട് ഒരു സേനാനായകമുണ്ടായിരുന്ന അയാളുടെ പേരാണ് മാലിക് കാഫർ കാഫർ എന്നും കാഫിർ എന്നൊക്കെ പറയാൻ ഉച്ചാരണം പലതരത്തിലായി ഇയാളെന്ന് യാദവ സാമ്രാജ്യം അടിച്ചു തകർത്തു യുദ്ധം ചെയ്യാമെന്നു പറഞ്ഞാൽ തകർക്കുകയാണ് അതിന് ശിലായുഗത്തിൽ കൊണ്ടെത്തിച്ചിട്ട് അവർ മടങ്ങത്തുന്നു ശിലായുഗത്തെ എങ്ങനെ നടന്നോ അതുപോലെ അടിച്ചു തകർത്തു അത് കഴിഞ്ഞ് സാമ്രാജ്യത്തെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് കാഗതീയ സാമ്രാജ്യം എന്ന് ഒരു ചരിത്രം പഠിക്കും ചരിത്രം കൂടെ അടിക്കും എന്നാലേ ഞങ്ങൾ പാർട്ടി ക്ലാസ്സിൽ പോയി ചരിത്രം പഠിക്കരുത് അല്ലാതെ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ടായിരുന്നു അതിന് തന്നെ പല അഭിപ്രായം ഉണ്ടോ ഞാൻ പറയുന്നതിനും വലുതഭിപ്രായം കാണും എന്നാലവിടെ നമ്മുടെ കുട്ടിയോടെ പോയി കകതീയ സാമ്രാജ്യം അടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇയാൾ അവിടെ ചെല്ലുന്നത് എല്ലാവരെയും കുറ്റിയെന്ത് ചെയ്തു നേരെ പോകാൻ പറഞ്ഞു മധുരയിലേക്ക് ഇയാൾ വഴി കാണിച്ചു പോയി വിളിച്ചോണ്ടു അയാളെന്ത് അവിടെ നിന്ന് കൂടുതൽ സൈന്യങ്ങളെ സംഘടിച്ചുകൊണ്ട് സാങ്കുതിക സാമ്രാജ്യം അടിച്ചു തകർത്ത് അതും കീഴടക്കി ഇങ്ങോട്ട് വന്ന് പല ഈ മതിരവരെയുള്ള എല്ലാ രാജ്യങ്ങളും ജീവിതത്തിൽ ഇയാൾ ഒറ്റ ഒരുത്തൻ കാരണമായിട്ട് അപ്പോ നേരത്തെ തന്നെ അനാവധിയനുസരിച്ചിട്ടറിയാമായിരുന്നു ഈ ഇവിടെ ഒരുപാട് സ്വർണവും മൈരും ഒക്കെ ലക്ഷ്യം എന്ന് ഏറ്റവും പ്രധാനമായിട്ട് സ്വർണവും മൈരവും നേരെ മധുരയിൽ വന്നു മധുര മീനാക്ഷിയിൽ നിന്നും ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ സ്വർണ്ണമെന്നായിരുന്നു അതൊക്കെ അടിച്ചു തകർത്ത അവിടെയുള്ള നിലവറകൾ ഇവര് മണ്ടന്മാരാണ് ഇവരീ സ്വർണവൊക്കെ കൊണ്ട് സൂക്ഷിക്കുന്ന ഇവിടെ ക്ഷേത്രത്തിന്റെ അടിയിലും നിലവറകളായി ഈ ക്ഷേത്രങ്ങൾ അവരെ തകർക്കുന്നതിന്റെ പ്രധാനമായ ഉദ്ദേശം എന്താണോ ഇത് കുളം തോണ്ടുകൊണ്ട് പറയുന്നു തറവാട് കുളം തോണ്ടിയിരുന്നു ഇതിനാ തറവാട് കുളം തോണ്ടുന്നത് തറവാടിന്റെ അടിയിലാണ് അതെടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ കുഴിച്ച് കുഴിച്ച് കുളം ആക്കി നോക്കുന്നത് എത്ര അടിയിൽ കാണുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഈ കേരളത്തിൽ തന്നെ ഒരുപാട് ഒറ്റ കുറ്റിപ്പിള്ളമാരുടെ തറവാടുകളെല്ലാം കുളം തോണ്ടി ഇന്നും ഒരു കഴക്കുട്ടത്ത് പിള്ളേരുടെ കുളം അവിടെ പോയാൽ വേണം തോണ്ടിയത് വെറുതെ അങ്ങ് തോണ്ടുന്നേ ഉണ്ട് വായിച്ചു കൊണ്ട് തോണ്ടുന്നേ ഉണ്ട് തോണ്ടിയാലേ വല്ലതും കിട്ടത്തുള്ളൂ ഉരുളിക്കകത്ത് കുഴിച്ചു വച്ചിരിക്കുകയാണ് സ്വർണ മനു അതുകൊണ്ടാണ് അവർ പ്രധാനമായും അതിന് ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ ഇന്നത്തെ കാശി ക്ഷേത്രത്തിൻ്റെ കുറേ ദൂരെ അതിനെന്ത് എന്ത് കാശിനാ പറയുന്നത് ആ പേരി പറഞ്ഞത് രേഖാ കാശി അങ്ങനെ എന്ത് പറയുന്നു ഒരു വിശാലമായ പ്രദേശം മുഴുവൻ ശിലായുഗത്തിൻ്റെ രൂപത്തിൽ കിളയ്ക്കാണ് എന്താണ് അന്ന് അടിച്ചു തകർത്ത് ഒഴിച്ച് നാശമാക്കി മൊത്തവും തകർത്താണ് അതാണ് വരുന്നത് അതായത് ഒരു പ്രധാന കാശി ഇന്ന് നിങ്ങൾക്ക് പോയാൽ കാണാം പുതിയ പോലീസ് ബന്ധബസ് ആണ് പുതിയ ക്ഷേത്രം അത് ഈ കാശി ക്ഷേത്രത്തു പറഞ്ഞാൽ ഇങ്ങനെ പൊളിച്ചു നോക്കുകയാണ് അടിയ ജോലി കൊണ്ടാണ് ഇത് അവിടെ കൊണ്ട് വെച്ചിട്ടില്ലേ പുതിയ ജഗന്നാഥ ക്ഷേത്രം പതിനേഴ് ഓണം ആക്രമിച്ചു എന്നാ പറയുന്നു ഈ പതിനേഴ് ഓണം എങ്ങനെ ഒരു തവണ വരെ വരെല്ലാം പൊളിച്ച് നോക്കി തന്നെ എട്ടവണ വീണ്ടും ഈ തേനീച്ച തേൻ ശേഖരിക്കുന്നവരുണ്ട് ജനിച്ചേകരിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും തേനെടുക്കുന്നവരതിന്റെ ആരെ തിരിച്ച് അവിടെ തന്നെ വെച്ചേക്കും എന്തിനാണ് വീണ്ടും തേൻ കൊണ്ടുപോയി അതുപോലെയാണ് ഒരു ക്ഷേത്രത്തെ കുറെ കുറിച്ച് തോണ്ടിച്ച് ചിലടത്തൊക്കെ ക്ഷേത്രം അതുപോലെ തന്നെ നിർത്തും കാരണം എന്താണ് വീണ്ടും വെമ്പാരം ഇവിടെ തന്നെ കൊണ്ടു വിശ്വാസം ശ്രീരന്തൊക്കെ ആദ്യത്തെ ആക്രമണം കഴിഞ്ഞ് വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പൊ അവിടെ കൂട്ടി വെച്ചിരിക്കുമെന്നായിരുന്നാണ് നിന്നെ തുളപ്പൂന്ന് ആക്രമിച്ചത് ഈ മാനി ഖാഫൂറിന്റെ ആക്രമണം മതിരുകളെല്ലാം എടുത്ത് അവിടെ ഇവിടെ പോയി പറയുന്നു ചിദംബരത്ത് അവിടെ നിതിമൊന്നും കിട്ടിയില്ലെന്ന് പറയുന്നു നിന്നെ പോയത് എന്താണോ അവിടുത്തെ ഏറ്റവും സമ്പന്നമായ ശരീരംഗത്താണ് അവിടെ ചെന്ന് അവിടെയുള്ള മുഴുവൻ സ്വർണവും വെള്ളിയും ധാരാളം ഉണ്ടായിരുന്നു കാരണം രാജഭന്മാരാണല്ലോ ഏട്ടൻ അവര് അവരുടെ സ്വന്തവും ഇപ്പം തന്നെ എന്താണ് തിരുവിതാംകൂർ രാജവട്ടാരത്തിന്റെ ട്രഷറിയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഉള്ളറ സമ്പത്തുകൊണ്ട് അവിടെ ആയിട്ടു ഇവരുടെ മൂഢവിശ്വാസം എന്താ മൂഢവിശ്വാസം ഭഗവാൻ രക്ഷിച്ചു എന്തുകൊണ്ട് ഭഗവാന്റെ സുദർശനം തമ്മര് വീണ്ടും സുദർശനം ഇവിടെ രക്ഷിച്ചു എന്നുള്ള മൂഢവിശ്വാസമാണ് ആധ്യാത്മികത എന്ന് പറയുന്നത് ഭക്തിയുടെ തരത്തിൽ നിന്ന് ഭൗതിക യാഥാർത്ഥ്യങ്ങളോട് ബന്ധിപ്പിക്കുമ്പോൾ അവിടെ ബുദ്ധിയാണ് മനുഷ്യൻ അത് നമ്മുടെ പരാജയത്തിൽ ഒരു കാരണം അതാണ് ഇന്നും അങ്ങനെ മനുഷ്യർ വിശ്വസിക്കുന്നത് അത് വേറൊരു കാര്യം ശ്രീരംഗച്ചെന്ന് അവിടെയുള്ള മുഴുവൻ സ്വർണ്ണമായിട്ട് അവിടുത്തെ വിഗ്രഹം രംഗത്തെ നായകനും എടുക്കണം പറയുന്നത് അനേകം ആനകളുടെ പുറത്ത് ചുമട്ട് കെട്ടിവെച്ചാണ് കൊണ്ടുപോയെന്നങ്ങോട്ട് ഒരാനെയും കൊണ്ടുനടക്കുന്നതും എന്താണ് ഇത് ചെന്ന് കൊണ്ടുകൊണ്ടേ ആനയാണല്ലോ കൂടുതലും എടുക്കുന്നത് ഇന്നത്തെ ട്രീലറുകൾ പകരപയോഗിച്ച ആന അവിടെ കൊണ്ടുപോയി എല്ലാം ബുധി എല്ലാം കൊണ്ടുപോയി ബുക്കി അത് കഴിഞ്ഞ് ഇവർ പോയി കഴിഞ്ഞു കൊള്ളയടിക്കാൻ പിന്നെ അവര് വയ്ക്കേണ്ട കാര്യമില്ല അവര് തിരിച്ചുപോയി വീണ്ടും ഇവരെന്തെയ്തു വൈഷ്ണവന്മാര് വീണ്ടും ഇതേ സ്ഥാനത്ത് തന്നെ അവർക്ക് സ്ഥലം ഇടാൻ പറ്റില്ല കാരണം അത് കണ്ട് പ്ലെയിനിൽ നിന്ന് ഇറങ്ങിയ സ്ഥലം എന്നൊക്കെ പറയും കഥകളല്ല അതുകൊണ്ട് വീണ്ടും ഇതേ സ്ഥലത്ത് വീണ്ടും സ്വലപ്പെട്ടി പന്ത്രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും വന്നു പക്ഷെ അപ്പോ അവരെ രക്ഷപ്പെട്ടു കാരണം അവിടെ ഇതിങ്ങനെ വരുന്നു എന്നറിഞ്ഞുകൊണ്ട് ഇവർ ഈ സ്വർണവും വിഗ്രഹവും എല്ലാം എടുത്തും കൊണ്ട് ഒരു ഓട്ടം ഓടി നിങ്ങൾക്ക് ഇതറിയണമെങ്കിൽ വേദാന്ത ദേശികരുടെ ഒരു ചെറിയ ഡോക്യുമെൻ്ററി തമിഴിലാണ് യൂട്യൂബിൽ കിട്ടും കണ്ടുപോകുന്നത് ദേശികരുടെ വിഗ്രഹങ്ങളെടുത്തും കൊണ്ട് പോയി ചരിത്രമാണ് കഥയുള്ള ഓടിയ ഓട്ടം ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇത്രയും വലിയ വിഗ്രഹം പണ്ഡിതന്മാർ ഭക്തന്മാരും അവർക്ക് ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവർപ്പെട്ട പാടുകൾ കഷ്ടപ്പാടുകൾ രണ്ടാമത് പറഞ്ഞതൊക്കെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയിട്ട് ഏത് നാൽപ്പത്തി എട്ട് വർഷം വരെ ഭാരതം ഭാരതം എന്ന് വെച്ചാൽ കാടുകളും മലകളും തടാകത്തിന്റെ അടിയിൽ കൊണ്ടു വെച്ച് അങ്ങനെ ഓടി ഓടി ഓടി നടന്ന് അടുത്ത് വിജയനഗര സാമ്രാജ്യം ഒന്ന് ശക്തി പ്രാപിച്ചു വന്ന ബുഃഖരായിട്ട കാലത്ത് വേണ്ട സപ്പോർട്ട് കൊടുത്താണ് വീണ്ടും രണ്ടാമത് ശ്രീരംഗ ക്ഷേത്രത്തിന്റെ പുനർനിർമാണം നടക്കുന്നു വീണ്ടും അവിടെ തന്നെ കൊണ്ടുവച്ചാ അത് വേറെ അതിനും ബുദ്ധിയില്ലല്ലോ എന്നാ ഈ സ്വർണം ഇത് വേറെ എവിടെയെങ്കിലും കൊണ്ടു ഒരിടത്തേന്ന് തോണ്ടി കിട്ടിയില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ടുവാൻ ഒരു സാധ്യത ഇതുകൊണ്ടല്ലോ അപ്പൊ രണ്ടാമതീ തുളപ്പ് വന്നു കഴിഞ്ഞപ്പോ അവിടെ നിന്നൊന്നും കിട്ടിയില്ല അതിന്റെ വാശിക്ക് അയാൾ എന്ത് ചെയ്തു അവിടെ കമ്പടിച്ചിട്ട് അവിടുത്തെ ഗോപുരങ്ങളെല്ലാം ഇടിച്ച് തകർത്ത് തരിപ്പണമാക്കിയിട്ടായ ആ വായ്യം തീർക്കണം അപ്പോ ഭഗവാൻ രക്ഷിക്കുമെന്നുള്ള ആ വിശ്വാസം അതിന്റെ ഇതൊക്കെ കൊണ്ടുവന്നെന്ത് ചെയ്യുന്നു അമ്പലത്തിന്റെ അടിയിൽ കൊണ്ടുപോയി മണ്ടത്തിലും പറ്റിയത് ഒരു കാരണം ഈ ക്ഷേത്രങ്ങൾ എത്രയും തകർക്കുന്നതിനുള്ള ഒരു കാരണം ഇതാണ് അവർ കുഴിച്ചു നോക്കിയതാണ് വിഗ്രഹ വ്യഞ്ജനം എന്ന് പറയുന്നത് ഒന്നുമുണ്ട് അതല്ല എന്ന് പറയുന്നില്ല പക്ഷെ കുളക്കാരുടെ ലക്ഷ്യം എന്താണോ പോലും ധനമാണ് മാനസികമായൊരു ആരാധന എന്നുള്ളതിനൊക്കെ ഇതൊക്കെ നിലനിർത്തിയാൽ കുഴപ്പമൊന്നുമില്ല മറ്റെന്താണോ ഈ കവികളുടെ കഥാപാത്രങ്ങൾ യാഥാർത്ഥ്യമാണെന്ന് ഭ്രമിച്ചു കവിസമ്പ സങ്കല്പങ്ങളെ യാഥാർത്ഥ്യമാണെന്ന് ധരിച്ചിട്ടവരെ ഈ ദേവന്മാരെല്ലാം ഈ അമ്പലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഖരദൂഷണന്മാരെയൊക്കെ കൊന്നതുപോലെ ഒറ്റയ്ക്ക് തന്നെ ഈ വരുന്ന മുഴുവൻ പേരെയും കൊല്ലെന്നുള്ള മൂഢമായ വിശ്വാസം അതാണ് പരാജയത്തിന് കാരണമായി തീർന്നത് അതിനാക്കം കൂട്ടിയത് നമ്മുടെ തന്നെ അകത്തുള്ള പടലപ്പണക്കങ്ങളും ആണ് അതിന് കാരണമായത് ഈ തമിഴ്നാട് ഈ ഭാഗത്ത് ഭാഗ്യവശാല് പത്മനാഭന്റെ സ്വത്തും കൊണ്ടുപോയനായി പക്ഷെ ഭാഗ്യം കൊണ്ടുമാത്രം രക്ഷപ്പെട്ടാണ് ഇവിടെ എത്തിയില്ല ഇവിടെ ആക്രമിക്കാൻ വേണ്ടി ട്രിപ്പ് എല്ലാം തയ്യാറെടുത്ത് വന്നതാണ് അപ്പോഴാണ് അവിടെ വേറെ ആക്രമണം അപ്പോൾ തൻ്റെ ആ രക്ഷിക്കാൻ വേണ്ടി തിരിച്ചു പോയതാണ് തിരിച്ചു പോകാതിരുന്നെങ്കിൽ ഇവിടെ തകർത്ത ഇവിടെയുള്ള സ്വത്തും പോയാൽ അപ്പൊ നമ്മള് മിമ്പിളക്കുന്ന എന്താണ് നമ്മള് ലോകഗുരുക്കന്മാരാണ് നമ്മൾ കാണിച്ചിട്ടുള്ള മൂഢത ലോകത്താരും കാണിച്ചിട്ടില്ല അതാണ് ഞാൻ പറയുന്നത് നമ്മൾ ചരിത്രം പഠിക്കുന്ന ചരിത്രങ്ങളിൽ നിന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ചരിത്രത്തെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ചരിത്രത്തിൽ നിന്ന് ശരിയായി പലതും പഠിക്കാൻ എല്ലാ ചരിത്രത്തിനും സമയങ്ങളെല്ലാം നിൽക്കും ആ സംഭവങ്ങൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ എന്താണ് ശിലായുഗത്തിലേക്ക് കൊണ്ടുപോയിരുന്നു ഓരോ സ്ഥലങ്ങളിലേക്കും നോക്കുക എങ്ങനെയാണ് കിടക്കുന്നുണ്ട് അങ്ങനെയാ തകർത്തിട്ടിരിക്കുന്നത് ഭക്തി ജീവിച്ചാൽ ഭക്തിക്ക് വേണ്ടി മാത്രമായിരിക്കും ഇത് പിന്നെ എന്താണ് ജനങ്ങളിൽ അന്ധവിശ്വാസത്തെ ഉണ്ടാക്കുക ചെയ്ത് അത് പിന്നെ മനസ്സിൽ നിന്ന് ഭക്തിയെടുത്ത് പുറമേ വന്നു ക്ഷേത്രങ്ങളിൽ വെച്ച് അവിടെ ഇതുപോലെ ആയുധങ്ങളും ആഭരണങ്ങളും ഒക്കെ പിടിപ്പിച്ച് ഈ ആഭരണങ്ങളെക്കുറിച്ച് ഈ പറയുന്നത് തന്നെ ഈ വർണ്ണനകൾ മാനസികമാണെങ്കിലൊരു പ്രശ്നമുണ്ട് പക്ഷെ പുറമേ ആവുമ്പോൾ എന്ത് ചെയ്യുന്നു ഇവിടെ അമ്പലങ്ങളുടെ ആഭരണങ്ങളും ആവശ്യമാണ് കാരണം ഈ പറയുന്ന നിരവധികമായ ആഭരണങ്ങൾ എല്ലാവർക്കും മാറ്റി മാറ്റി ദേവന്മാരെ അണിയിക്കണം അതിന് വേണ്ടിയിട്ട് ഒരുപാട് ആഭരണം വേണം അത് ഇവർക്കൊരു ഹരമാണോ ഇവിടേക്കെ ഇത് ഇന്ത്യയിൽ മാത്രമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദു ബൗദ്ധ ക്ഷേത്രം എന്ന് പറയുന്നത് എവിടെയാണ് കംബോഡിയയിലാണ് നൂറ്റി അറുപത്തഞ്ച് ഹെക്ടറാണ് പരന്നിടത്ത് തകർത്തിട്ടിരിക്കുകയാണ് എന്താണ് ഇവർ പോകുന്നിടത്തെല്ലാം സ്വത്ത് കൊണ്ടുവന്നിൻ്റെ അടിയിൽ രാജാക്കന്മാരുണ്ടാക്കുന്ന സ്വത്തല്ലേ അന്നത്തെ കാലത്ത് ഈ സ്വത്ത് ഉണ്ടാക്കാന്ന് ചോദിച്ചാൽ രാജാക്കന്മാരും പ്രഭുക്കന്മാരും ഒക്കെ സാമാന്യ ജനങ്ങളുടെ മേൽ കരം ചുമത്തി ഉണ്ടാക്കുന്നു അല്ലാതെ ഇവിടെ തന്നെ അവർക്ക് സ്വത്ത് കിട്ടുന്നു ഇന്നും ട്രഷറിയിൽ പണം വരുന്നത് നികുതി പണമാണ് ഇന്നും അന്നും അങ്ങനെ തന്നെയാണ് അന്നു പിന്നെ എന്താണ് അവർ പിഴിഞ്ഞെടുക്കുക കൃഷിക്കാരുടെയും കച്ചവടക്കാരുടെയും അതാണ് സ്വത്ത് ഇന്നത്തെ നമ്മുടെ റിസർവ് ബാങ്കിന്റെ സ്വർണം പോലും കൊണ്ടുവച്ചിരിക്കുന്നത് വിദേശ രാജ്യത്താണ് ഇന്ത്യയിലാണ് സുരക്ഷിതത്വത്തിനു വേണ്ടി ഇന്നത്തെ മനുഷ്യന് ബുദ്ധിയുണ്ടെന്ന് പറയുന്ന അതുകൊണ്ടാണ് അപ്പൊ അന്ന് ഉള്ള നമ്പൽ ദൈവം രക്ഷിക്കും അത് അതുകൊണ്ട് ഒരു ഗുണമുണ്ടായി കള്ളന്മാർ കയറിയില്ല കള്ളന്മാർക്ക് പേടിയുണ്ട് ദൈവത്തിന് അവരമ്പലത്തിന്റെ അടിയിൽ കൊണ്ടു വെച്ചാൽ കള്ളന്മാർ കയറില്ല പക്ഷെ തുലുക്കന്മാർക്ക് അങ്ങനെ ഒന്നും ഉണ്ടോ അവർക്ക് എന്തോന്ന് ദൈവം അവരുടെ ദൈവം ഇതോ പിന്നെ ഇതുകൊണ്ടൊരു ഗുണമുണ്ടായി ശ്രീരംഗത്തിൽ പോയിട്ടുണ്ടോ അവിടെ ഒരു തുലുക്കനാച്ചിയാരെ പൂജിക്കുന്നത് കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് തുലുക്കനാച്ചിയാര കണ്ടിട്ടുണ്ടോ എന്താണത് ൂണം കണ്ടിട്ടുണ്ട് വെറുതെ പറയുന്നത് ഈ വേളത്തിന്റെ ശ്രീരംഗത്തെ സംബന്ധിച്ചൊരു മാറ്റമാണ് തുലുത്തനാച്ചേറെ ഒരു പെയിന്റിങ്ങാണ് ആ പ്രധാന ക്ഷേത്രത്തിന്റെ യു എവർ സീ ദത്തിന്റെ അടുത്തൊരു പെയിന്റിംഗ് ആണ് ആ പെയിന്റിങ്ങിന്റെ പ്രത്യേകത ആ പെയിന്റിങ്ങിലെ <ion> <s Bondi> mm. Gosh, ീ ശ്രീരംഗക്ഷേത്രത്തിന് അന്യമതസ്ഥർക്ക് എപ്പോഴും പ്രവേശനമില്ല ഞാൻ പോയ കാലത്തില്ല ഇപ്പൊണ്ടെന്ന് എനിക്ക് പക്ഷെ ഇതിന്റെ അകത്ത് ശ്രീകോവിന്റെ അടുത്ത് തുലുക്കം നാച്ചി ആർന്നുവെച്ചാൽ ലക്ഷ്മി എന്നാണ് തുലുക്കം നാച്ചി ആർന്നുവെച്ചാൽ മുസ്ലിം ഇതില്ല ടർക്കി അതാണ് തുലുക്കനായത് മലയാള തമിഴിലും ടർക്കിഷുകളാണ് ഇതെങ്ങനെ വന്നവിടെ ആരാധന ചെയ്യുന്നത് വളരെ ഒരു അത്ഭുതമാണ് എല്ലാ ദിവസവും നിവേദ്യം സമർപ്പിക്കുന്നുണ്ട് എന്താണ് നമ്മുടെ വടക്കേ ഇന്ത്യയിൽ സുക്കാ റൊട്ടിയും ദാല് അതുകൊണ്ട് ഉറപ്പാണല്ലോ ഉറപ്പ് റൊട്ടിയും ദാല് കഴിക്കുന്നത് തൊടുക്കന്മാരാണല്ലോ ഏ കഥ പല കഥകളും ഉണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് കഥകൾ കഥയൊക്കെ അത് കഥയേ ഉള്ളൂ ചരിത്രമായിട്ട് എന്ത് ബന്ധമുണ്ടെന്നുള്ള കൃത്യമുണ്ട് അത് അലാധനിയുടെ മകളാണെന്ന് പറയുന്നു ഇങ്ങനെയൊക്കെയുള്ള കഥകളൊക്കെ ഉണ്ട് പക്ഷെ അങ്ങനെയാണെങ്കിൽ തന്നെ ഇതിങ്ങനെ അകത്ത് കയറിയില്ല ഏ അത് അതൊക്കെ കഥകളാണ് അതൊക്കെ കഥകളാണ് അതായത് ആയിരത്തി മുന്നൂറ്റി എന്ത് ആയിരത്തി മുന്നൂറ്റി പത്ത് മാർച്ചിലാണ് ആക്രമണം ആദ്യത്തെ ആക്രമണം നടക്കുന്നത് അന്ന് രാമാനുജാചാര്യരുണ്ടോ ഉണ്ടോ അന്ന് ആ സമയത്ത് അതിനുശേഷം എന്നെ തുലുക്കച്ചേ അതിനകത്ത് കയറത്തുള്ളു തുലുക്കലക്ഷ്മി അതിനുമ്പെങ്ങനെ വരും മുസ്ലിം ആക്രമണമല്ലല്ലോ കാരണം അറേബ്യൻ കച്ചവടക്കാരേ ഉള്ളൂ പൊട്ട കഥകളൊന്നും വിശ്വസിക്കരുത് എന്തായാലും അതിനകത്തുണ്ടത് എങ്ങനെയാണ് അമ്മ ഒരു വാളം കൊണ്ടു വെച്ചിട്ട് ഒരു പടം വെച്ച് പൂജിക്കാൻ പറഞ്ഞ് പൂജിച്ചോ എന്തായാലും ഇന്നും ഞാൻ കേട്ടിട്ടുള്ളതാണ് ഈ രംഗനാഥനെ പുറത്തേക്ക് കൊണ്ടുപോകുന്നു ആഘോഷത്തിൽ അപ്പൊ ഇവരെയും കൂടെ കൊണ്ടുപോകുന്ന പറയും എന്ന് കേട്ടിട്ടുണ്ട് എനിക്ക് അതിൻ്റെ സത്യം പറയിട്ടില്ല അപ്പോൾ ഒരു ഹിന്ദു ക്ഷേത്രത്തിനകത്ത് ഒരു മുസ്ലിം ലക്ഷ്മി അത്ഭുതമാണ് എന്തായാലും അങ്ങനെ ഉൾക്കൊള്ളുന്നു എന്ന് പറയുന്ന ഒരു മഹത്വം തന്നെയാണ് അത് കുഴപ്പമൊന്നുമില്ല പക്ഷെ വിശ്വാസപരമായും ഇവരൊരു പറയുന്ന തത്വചിന്താപരമായും ഒക്കെ നോക്കുമ്പോൾ ഇതെങ്ങനെ അതിനകത്ത് കിടന്നുകൂടി എന്ന് പറഞ്ഞാൽ രാമാനുജാചാര്യം എന്തെല്ലാം എഴുതിരിക്കുന്നു അവിടെ എവിടെയെങ്കിലും തുലുക്കലക്ഷ്മിയെക്കുറിച്ച് എഴുതിയിട്ടുണ്ടോ ഉണ്ടോ പർദ്ദ അടയാളമുണ്ട് ഞാൻ ശരീരം പോയിട്ടുണ്ട് നൂറ്റി അമ്പത്തി അമ്പത് ഏഹ് വിസ്തൃതമായി കിടക്കുന്ന ഒരു അമ്പലമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ഷേത്രം വൈഷ്ണവ ക്ഷേത്രം പോയി കണ്ടിട്ട് പോരാന്നുള്ള പോയി വരും പഴയകാലം ഇല്ല ഇന്റർനെറ്റിൽ നിന്നു അവിടെ നടന്ന് നടന്ന് കാലൊടിഞ്ഞെന്ന് പറയും കണ്ടു തീരാൻ പറ്റില്ല കണ്ടിട്ടില്ല നൂറ്റി അമ്പത്തിൽ നമ്മൾ നടക്കുന്നു എൺപത്തി ഒന്ന് ക്ഷേത്രങ്ങളോ മറ്റോ ഇരുപത്തി എത്ര പോലോ ഇരുപത്തിയൊന്നോ ഗോപുരങ്ങളോ ഏ അത് ഏരൊന്നും കടന്നു കിടന്ന് പോകണ്ടേ അതില്ലാത്ത ആൾക്കാർക്ക് താമസമുണ്ട് അത് ശരിയെന്നാ ക്ഷേത്രങ്ങൾ പലയിടത്തായിട്ടുണ്ട് പറയുന്ന മുക്കരായരുടെ കാലത്ത് നിർമ്മിച്ചാണെന്ന് കാണുന്ന ക്ഷേത്രം പറയുന്നത് ഇരുന്നൂറ് വർഷം യാതൊരു പ്രശ്നവും ഇല്ലാതെ അവിടെ കഴിഞ്ഞുകൂടി ആ ഇരുന്നൂറ് വർഷം കൊണ്ടാണ് ഇതെല്ലാം വീണ്ടും ഉണ്ടായത് പറഞ്ഞു വന്നപ്പോൾ ആ ചരിത്രം കൂടെ നമ്മൾ അറിയിക്കണം മൂടന്മാരായിട്ട് ഭക്തന്മാരും വിശ്വാസികളുമായിരിക്കും കുറച്ച് ബോധം ഒരു ഒരം ബോധം കൂടെ വേണം അതുകൊണ്ട് പറഞ്ഞു